അവർ പറഞ്ഞു ഷൈബ് അലൈഹിസലാം ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിനെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യരുത് എന്നോ നിങ്ങളുടെ പ്രാർത്ഥനയാണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങൾ സഹിഷ്ണുവും നേർവഴിയിലുള്ളവനുമാണ്